സത്യവിശ്വാസികളെ മൂസ അലിഹിസലാമിനെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങളാകരുത് അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സുബഹാനഹു വച്ച ആല അദ്ദേഹത്തെ പരിശുദ്ധനാക്കി അള്ളാഹു സുബഹാനഹുവച്ച ആലയുടെ അടുക്കൽ അദ്ദേഹം വലിയ സ്ഥാനമുള്ളവനായിരുന്നു